അള്ളാഹു സുബഹാനുഹുവച്ച ആലയുടെ ഒരു കരാറോ മനുഷ്യരുടെ ഒരു കരാറോ ലഭിച്ചാലല്ലാതെ അവർ എവിടെ കണ്ടെത്തിയാലും അവരിൽ അപമാനം പതിപ്പിച്ചു അള്ളാഹു സുബഹാനുഹുവച്ച ആലയുടെ കോപവും അവർക്കു ലഭിച്ചു ദാരിദ്ര്യവും അവരിൽ പതിപ്പിച്ചു അത് അവർ അള്ളാഹു സുബഹാനുഹുവച്ച ആലയുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അലഹിസ്സലാം അന്യായമായി കൊല്ലുകയും ചെയ്തതുകൊണ്ടാണ് അവർ അനുസരണക്കേട് കാണിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് അത് സംഭവിച്ചത്